തങ്ങളുടെ ഭാര്യമാരെ മാതാക്കളായി ഉപമിക്കുകയും പിന്നീട് തങ്ങൾ പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നവർ അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പ് ഒരടിമയെ മോചിപ്പിക്കേണ്ടതാണ് ഇതാണ് നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുസുബാനഹുവറ്റ് ആല സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു